ദുഷ്ടനെ ശുദ്ധനിൽ നിന്ന് വേർതിരിക്കുന്നതുവരെ നിങ്ങളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ വിശ്വാസികളെ വിട്ടുകളയാൻ അള്ളാഹുസുബാനഹുവാല ഉദ്ദേശിക്കുന്നില്ല അദൃശ്യകാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ അള്ളാഹുസുബാനഹുവത്താല ഉദ്ദേശിച്ചിട്ടുമില്ല എന്നാൽ തൻറെ ദൂതന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹുസുബാനഹുവത്താല തെരഞ്ഞെടുക്കുന്നു അതിനാൽ നിങ്ങൾ അള്ളാഹുസുബഹാനഹുവത്തായാലും അവൻറെ ദൂതന്മാരിലും വിശ്വസിക്കുകയും നിങ്ങൾ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട്